ചേട്ടനാണോ അത് മാതൃഭൂമി അതെ ഇത് മാതൃഭൂമി തന്നെ ഇത് ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബ ഫോട്ടോയാണ് അവരാണ് അദ്ദേഹത്തിന്റെ മകൾ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ അച്ഛൻ ഗാന്ധിജി അല്ലേ അല്ല ഇന്ദിരാ നെഹ്റുവിന്റെ മകളാണ് പക്ഷെ അവരുടെ പേരിന്റെ അവസാന ഭാഗവും ഗാന്ധി എന്നല്ലേ അതെ അതവരുടെ ഭർത്താവിന്റെ പേരാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ് ഫിരോഷ് അദ്ദേഹമാണ് നെഹ്റുവിന്റെ മരുമകൻ അല്ലേ അതെ അത് ശരി ഇത് പിന്നെ ആരെയാണ് അച്ഛ അല്ല ഇന്ദിരയുടെ അമ്മ കമല നെഹ്റു ആണ് അവരുടെ ചേച്ചിയാണോ അല്ല അവർ ഇന്ദിരയുടെ ചേച്ചിയല്ല അവർ ജവഹർലാലിന്റെ അനിയത്തിയാണ് ഇവരാണോ വിജയലക്ഷ്മി പണ്ഡിറ്റ് അതെ നെഹ്റു ഇവരുടെ ചേട്ടനാണോ അതെ പിന്നെ ഇതാരാണ് ഇന്ദിരയുടെ അനിയനോ അല്ല ഇന്ദിരയുടെ മൂത്ത ഇയാളോ അയാളാണ് ഇളയ ഇവർ ഇന്ദിരയുടെ മകളല്ലേ അവർ ഇന്ദിരയുടെ മരുമകളാണ് അവരുടെ മൂത്ത മകന്റെ ഭാര്യയാണവർ ലിസൺ ആൻഡ് റിപ്പീറ്റ് അച്ഛാ അത് മാതൃഭൂമി അയച്ച പതിപ്പാണോ അച്ഛ അത് മാതൃഭൂമി അയച്ച പതിപ്പാണോ അതെ മോനെ ഇത് മാതൃഭൂമി തന്നെ അതേ മോനെ ഇത് മാതൃഭൂമി തന്നെ അത് ആരുടെ ഫോട്ടോയാണ അത് ആരുടെ ഫോട്ടോയാണ ഇത് ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബ ഫോട്ടോയാണ് ഇത് ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബ ഫോട്ടോയാണ് അവരാണ് അദ്ദേഹത്തിന്റെ മകൾ ഇന്ദിരാഗാന്ധി അവരാണ് അദ്ദേഹത്തിന്റെ മകൾ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ അച്ഛൻ ഗാന്ധിജി അല്ലേ ഇന്ദിരാഗാന്ധിയുടെ അല്ല ഇന്ദിര നെഹ്റുവിന്റെ മകളാണ് അല്ല ഇന്ദിര നെഹ്റുവിന്റെ മകളാണ് പക്ഷെ അവരുടെ പേരിന്റെ അവസാന ഭാഗവും ഗാന്ധി എന്നല്ലേ പക്ഷെ അവരുടെ പേരിന്റെ അവസാന ഭാഗവും ഗാന്ധി എന്നല്ലേ അതെ അത് അവരുടെ ഭർത്താവിന്റെ പേരാണ് അതെ അത് അവരുടെ ഭർത്താവിൻ്റെ പേരാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ് അദ്ദേഹമാണ് നെഹ്റുവിന്റെ മരുമകൻ അല്ലേ അദ്ദേഹമാണ് നെഹ്റുവിന്റെ മരുമകൻ അല്ലെ അതെ അത് ശരി അതെ അത് ശരി ഇത് പിന്നെ ഏറെ വച്ച ഇന്ദിരയുടെ ഇതു പിന്നെ ആരെയാണ് വച്ച ഇന്ദിരയുടെ അമ്മയും അല്ല ഇന്ദിരയുടെ അമ്മ കമല നെഹ്റു അല്ല ഇന്ദിരയുടെ അമ്മ കമല നെഹ്റു ആണ് അവരുടെ ചേച്ചിയാണോ ഇതാര അവരുടെ ചേച്ചിയാണോ അല്ല അവർ ഇന്ദിരയുടെ ചേച്ചിയല്ല അവർ ജവഹർലാലിന്റെ അനിയത്തിയാണ് അല്ല അവർ ഇന്ദിരയുടെ ചേച്ചിയല്ല അവർ ജവഹർലാലിന്റെ അനിയത്തിയാണ് ഇവരാണോ വിജയലക്ഷ്മി പണ്ഡിറ്റ് ഇവരാണോ വിജയലക്ഷ്മി പണ്ട് അതെ അതെ നെഹ്റു ഇവരുടെ ചേട്ടനാണോ നെഹ്റു ഇവരുടെ ചേട്ടനാണോ അതെ അതെ പിന്നെ ഇതാരാണ് ഇന്നലെയുടെ അനിയനോ പിന്നെ ഇതാരാണ് ഇന്ദിരയുടെ അനിയനും അല്ല അയാളാണ് ആണ് മൂത്ത മകൻ അല്ല അയാളാണ് ഇന്ദിരയുടെ മൂത്ത മകൻ ഇയാളോ ഇയാളോ അയാളാണ് ഇളയ മകൻ അയാളാണ് ഇളയ മകൻ ഇവർ ഇന്നിരയുടെ മകളല്ലേ മകളല്ലേ അല്ല അവർ ഇന്ദിരയുടെ മരുമകളാണ് അല്ല അവർ ഇന്ദിരയുടെ മരുമകളാണ് അവരുടെ മൂത്ത മകന്റെ ഭാര്യയാണവർ അവരുടെ മൂത്ത മകന്റെ ഭാര്യയാണവർ ഡ്രിൽസ് റെപ്യൻ ഡ്രിൽ വൺ ഇത് മാതൃഭൂമി അഴിച്ച പതിപ്പാണോ ഇത് മാതൃഭൂമി ആഴ്ചപതിപ്പാണോ ടു അതെ ഇത് മാതൃഭൂമി അഴ്ചപ്പതിപ്പാണ് അതെ ഇത് മാതൃഭൂമി അഴ്ച്ചപ്പതിപ്പാണ് ത്രീ അല്ല ഇത് മാതൃഭൂമി അഴ്ച്ചപ്പതിപ്പല്ല അല്ല ഇത് മാതൃഭൂമി അഴ്ച്ചപ്പതിപ്പല്ല ഫോർ ഇത് മനോരമ ആഴ്ച ഇത് മനോരമ ആഴ്ചപ്പതിപ്പാണോ ഫൈവ് നിങ്ങളുടെ ജന്മസ്ഥലം തിരുവനന്തപുരം അല്ലേ നിങ്ങളുടെ ജന്മസ്ഥലം തിരുവനന്തപുരം അല്ലേ അതെ എന്റെ ജന്മസ്ഥലം തിരുവനന്തപുരമാണ് അതെ എന്റെ ജന്മസ്ഥലം തിരുവനന്തപുരം അല്ല എന്റെ ജന്മസ്ഥലം തിരുവനന്തപുരം അല്ല എന്റെ ജന്മസ്ഥലം എറണാകുളമാണ് അല്ല എന്റെ ജന്മസ്ഥലം തിരുവനന്തപുരം അല്ല ജന്മസ്ഥലം എറണാകുളമാണ് സന്ധി പ്രാക്ടീസ് മോഹൻ ആണ് മോഹനാണ് തമിഴ് ആണ് തമിഴാണ് കമലം ആണ് കമലമാണ് കുമാർ അവരാണ ആണ മധ്യപ്രദേശ് ആണ് മധ്യപ്രദേശാണ് കല ആണ് ബാബു ആണ് ബാബു ആണ് മോഹൻ ഉം മോഹനും പ്രദീപ് ഉം പ്രദീപും കല ഉം കലയും സാഹു ഉം ും കമലം ഉം കമലവും നഗരം ഉം നഗരവും കേരളം ഉം കേരളവും മലയാളവും മലയാളവും ബിൽഡപ് ഡ്രിൽ മോഡൽ ആണോ ആണോ ചേട്ടൻ ചേട്ടനാണോ ലക്ഷ്മണന്റെ ചേട്ടനാണോ ശ്രീരാമൻ ശ്രീരാമൻ ലക്ഷ്മണൻറെ ചേട്ടനാണോ നൗ ഫോളോ ദോഡൽ വൺ ആണ് ആണ് തിരുവനന്തപുരം തിരുവനന്തപുരമാണ് തലസ്ഥാനം തലസ്ഥാനം തിരുവനന്തപുരമാണ് കേരളത്തിൻറെ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് അല്ല അല്ല മൂത്തമകൻ മൂത്ത മകനല്ല ലക്ഷ്മണൻ ലക്ഷ്മണൻ മൂത്ത മകനല്ല അല്ല അല്ല ലക്ഷ്മണൻ മൂത്ത മകനല്ല മധ്യപ്രദേശ് മധ്യപ്രദേശാണ് സ്വദേശം സ്വദേശം മധ്യപ്രദേശാണ് കൂട്ടുകാരൻ്റെ സ്വദേശം മധ്യപ്രദേശാണ് എൻ്റെ കൂട്ടുകാരൻ്റെ സ്വദേശം മധ്യപ്രദേശാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ വൺ രാഘവൻ രാജുവിന്റെ ചേട്ടനാണ് എന്റെ രാഘവൻ എന്റെ ചേട്ടനാണ് നിങ്ങളുടെ രാഘവൻ നിങ്ങളുടെ ചേട്ടനാണ് അദ്ദേഹത്തിൻറെ രാഘവൻ അദ്ദേഹത്തിന്റെ ചേട്ടനാണ് സാഹുവിൻ്റെ രാഘവൻ സാഹുവിൻ്റെ ചേട്ടനാണ് രാഘവൻ പ്രദീപിന്റെ ചേട്ടനാണ് രഘു മധുവിന്റെ അനിയനാണ് മകൻ രഘു മധുവിൻറെ മകനാണ് േട്ടൻ രഘു മധുവിന്റെ ചേട്ടനാണ് രഘു മധുവിന്റെ അച്ഛനാണ് അധ്യാപകൻ രഘു മധുവിന്റെ അധ്യാപകനാണ് ശാരദ കമലത്തിന്റെ മകൾ അല്ല അമ്മ ശാരദ കമലത്തിന്റെ അമ്മയല്ല ചേച്ചി ശാരദ കമലത്തിന്റെ ചേച്ചിയല്ല മരുമകൾ ശാരദ കമലത്തിന്റെ മരുമകളല്ല ഫോർ ശാരി അവളുടെ അധ്യാപികയാണ് ഞാൻ എന്റെ അധ്യാപികയാണ് അവൻ ശാരി അവന്റെ അധ്യാപികയാണ് നിങ്ങൾ നിങ്ങളുടെ അധ്യാപികയാണ് കമലു ശാരി കമലുവിന്റെ അധ്യാപികയാണ് സരളി സരളയുടെ അധ്യാപികയാണ് രാഘവൻ ശാരി രാഘവന്റെ അധ്യാപികയാണ് കുമാരി കുമാരിയുടെ അധ്യാപികയാണ് പത്മം ശാരി പത്മത്തിന്റെ അധ്യാപികയാണ് പ്രകാശ് കാശിന്റെ അധ്യാപികയാണ് റീസ്റ്റേറ്റ്മെന്റൽ മോഡൽ ദശരഥൻ ശ്രീരാമന്റെ അച്ഛനാണ് ശ്രീരാമൻ ശ്രീരാമൻ ദശരഥന്റെ മകനാണ് വൺ വിജയലക്ഷ്മി നെഹ്റുവിൻ്റെ അനിയത്തിയാണ് നെഹ്റു വിജയലക്ഷ്മിയുടെ ചേട്ടനാണ് വരദ ശാരദയുടെ മകളാണ് ശാരദ ശാരദ കമലയുടെ ചേച്ചിയാണ് കമല കമല രാധയുടെ അനിയത്തിയാണ് ഫോർ രേഖു മോഹനന്റെ ചേട്ടനാണ് മോഹനൻ മോഹനൻ രഘുവിൻ്റെ അനിയനാണ് ഫൈവ് ഗോപി സുധയുടെ ഭർത്താവാണ് സുധ സുധ ഗോപിയുടെ ഭാര്യയാണ് ട്രാൻസ്ഫർമേഷൻ റിൽ മോഡൽ വൺ രാമറാവു തമിഴ് അധ്യാപകനാണ് മറാവു തമിഴ് അധ്യാപകൻ അല്ല വൺ സരള എന്റെ അനിയത്തിയാണ് സരള എന്റെ അനിയത്തി അല്ല ടു ഇത് വലിയ ക്ലാസ് ആണ് ഇത് വലിയ ക്ലാസ് അല്ല അത് ചെറിയ ഗ്രാമമാണ് അത് ചെറിയ ഗ്രാമമല്ല ഫോർ മാധൂർ മലയാളം വിദ്യാർത്ഥിയാണ് മാധൂർ മലയാളം വിദ്യാർത്ഥിയല്ല ഫൈവ് വിമല എന്റെ അനിയത്തിയുടെ കൂട്ടുകാരിയാണ് വിമല എൻറെ അനിയത്തിയുടെ കൂട്ടുകാരി അല്ല മോഡൽ ടു കല രവിയുടെ ഭാര്യയാണ് കല രവിയുടെ ഭാര്യയാണോ കാശിപ്പൂരാണ് എന്റെ ഗ്രാമം കാശിപ്പൂർ ആണോ എന്റെ ഗ്രാമം അത് വലിയ പട്ടണമാണോ അത് വലിയ പട്ടണമാണോ മോഹനന്റെ ജോലിസ്ഥലം തിരുവനന്തപുരമാണ് മോഹനന്റെ ജോലിസ്ഥലം തിരുവനന്തപുരമാണോ രാധയുടെ ചേട്ടൻ മധുവാണോ രാധയുടെ ചേട്ടൻ മധുവാണോ മോഡൽ ത്രീ അവളുടെ പേര് കുസുമ എന്നല്ല അവളുടെ പേര് കുസുമ എന്നല്ലേ നൗ ഫോളോ ദ മോഡൽ അവർ നിങ്ങളുടെ അധ്യാപിക ശാരദാമണിയല്ല അവർ നിങ്ങളുടെ അധ്യാപിക ശാരദാമണിയല്ലേ മധു മാധവൻ പിള്ളയുടെ മകനല്ല പിള്ളയുടെ മകനല്ലേ നിങ്ങളുടെ അനിയനും അധ്യാപകനല്ല നിങ്ങളുടെ അനിയനും അധ്യാപകനല്ലേ അത് ചെറിയ ഗ്രാമമല്ല അത് ചെറിയ ഗ്രാമമല്ലേ റെസ്പോൺസ് ഡ്രിൽ മോഡൽ നിങ്ങൾ തമിഴ് വിദ്യാർത്ഥിയാണോ അതെ ഞാൻ തമിഴ് വിദ്യാർത്ഥിയാണ് അല്ല ഞാൻ തമിഴ് വിദ്യാർത്ഥിയല്ല ഞാൻ കന്നഡ വിദ്യാർത്ഥിയാണ് നൗ ഫോളോ ദോഡൽ നിങ്ങളുടെ നാട് ഒറീസയാണോ അതെ അതെ എൻറെ നാട് ഒറീസയാണ് അല്ല അല്ല എന്റെ നാട് ഒറീസ അല്ല എൻറെ നാട് നിന്റെ പേര് കുസുമ എന്നാണോ അതെ അതെ എൻ്റെ പേര് കുസുമ എന്നാണ് അല്ല അല്ല എൻ്റെ പേര് കുസുമയെന്നല്ല എന്റെ പേര് ത്രീ അദ്ദേഹത്തിൻ്റെ മരുമകളും നിന്റെ അധ്യാപികയല്ലേ അതെ അതെ അദ്ദേഹത്തിന്റെ മരുമകളും എന്റെ അധ്യാപികയാണ് അല്ല അല്ല അദ്ദേഹത്തിന്റെ മരുമകളും എന്റെ അധ്യാപികയല്ല അദ്ദേഹത്തിന്റെ മരുമകൾ മോഡൽ ടു ഇത് മലയാളം ക്ലാസ് അല്ലേ അതെ ഇത് മലയാളം ക്ലാസ് ആണ് അല്ല ഇത് മലയാളം ക്ലാസ് അല്ല ഇത് തമിഴ് ക്ലാസ് ആണ് നൗ ഫോളോ ദോഡൽ വൺ അവൾ നിന്റെ കൂട്ടുകാരിയല്ലേ അതെ അല്ല അവരുടെ നാട് തിരുവനന്തപുരം അല്ലേ അതെ അല്ല ത്രീ അദ്ദേഹം മലയാളം അധ്യാപകൻ അല്ലേ അതെ അല്ല